ംസംബ വേന്ദ്ര അഞ്ഞു ദിവസം വായിച്ചു അവിടെ തന്നെ െ സംബന്ധിച്ച് ഏതാണ്ട് ആചാര്യങ്ങളെത്തി മൂന്നാമത്തെ അവസാനത്തെ പറയുക അഞ്ജന കുറിച്ച് പറയുന്ന ഭാഗം പ്രത്യക്ഷമൊക്കെ സഹതോ വ്യതിരിക്തീന്ദ്ര പോലെ പരമാത്മനെ നിസ്സംശയിച്ചു ചോദ്യമാണ് പ്രത്യക്ഷയോഗ്യമായിരിക്കുന്ന ജീവാത്മാവിന് പോലും സംശയിക്കുന്നവനാണ് അർജുനനെന്നാണ് ചോദ്യമാണ് പൂർവശം പ്രത്യക്ഷയോഗ്യ പ്രത്യക്ഷയോഗ്യമായിരിക്കുന്ന ദേഹാതിരിത്ത് ദേഹത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ജീവനെ സംശയിച്ച് ജീവനില് സംസയിക്കുന്നവൻ സകഥം അങ്ങനെയുള്ളതോ വ്യതിരിക് അതിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന അത്യന്തോചര് ഒട്ടും വിഷയമാകാത്ത പരമാത്മനി പരമാത്മാവിന്റെ നിസ്സംശയസ് ഇങ്ങനെ സംശയമില്ലാത്തവന് എന്നൊരു ചോദി അർജുനൻ ആരാണെന്താണെന്ന് പറയാൻ വേണ്ടിട്ടാണ് ജീവനെ പോലെ സംശയമുള്ളവരോട് പരമാത്മാവിന് എങ്ങനെ സംശയമില്ല എന്ന് ഉച്ച സമ്മാനം പറയുന്നു അർജുന പുരുഷ ശാശ്വതം ദിവ്യം ഇത്യാദേഹ ആരത ഹവത വ്യാസാദി പരമർഷി ശത വചനവിഹിത പരബ്രഹ്മഭൂത പരമ ഋഷസ്വഭാവ അർജുനൻ ഭഗവാനെ അറിയുന്നവനല്ല അറിയാത്തവനല്ല എന്ന പറയുന്നു അതെങ്ങനെ അറിയുന്നു അസോർജന്തരുഷൻ ചത്യതന്തി എന്നെ പറയുന്ന ഭക്താ എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ വർണ്ണിക്കുന്നു അപ്പൊ അറിയുന്നുണ്ട് സ്വയം ഭക്ത സ്വയം എല്ലാം പറയുന്നു പിന്നീട് പറയുന്നുണ്ട് അസുഖവ്യാസ ഇങ്ങനെ അവരുടെ പേര് പറഞ്ഞിട്ട് അവരിൽ നിന്നെല്ലാം ഞാൻ അറിയുന്നു പറയുന്നു ി നാരകൻ അസുതൻ ദേവനൻ അർജുനൻ നൽകിയിൽ പറയുന്ന ഇവരെല്ലാം ഭഗവാനെ കുറിച്ച് പറയുന്നു പരമഹർഷി ശത വചന വിദിത ഇങ്ങനെ അവരെല്ലാം പറയുന്നു അനേക വചനങ്ങളിൽ നിന്നും അർജവനം പരബ്രഹ്മഭൂത പരോപരുഷത്വഭാവം പരഭ്രമമായിരിക്കുന്ന പരമപുരുഷ സ്വഭാവത്തെ അറിയുന്നവനാണ് അതറിയാത്തവനല്ലാത്ത പ്രത്യക്ഷയുള്ള പുരന്തരലോകൃവാദി അത് മാത്രമല്ല പ്രത്യക്ഷയുള്ള പുരന്തരലോക നേരെ ശിവലോകത്ത് പോയി ശിവനിൽ നിന്ന് തന്നെ സകല അസ്ത്രം മന്ത്രം തപ പ്രഭവം ഇതെല്ലാം ഉള്ള ആളാണ് തപശക്തി എല്ലാം ഉള്ള ആളാണ് ഇവിടേത് ബൗല പ്രത്യക്ഷ ഗൃഹ പുരന്തരലോക സകത അസ്ത്രമന്ത്രപക്രവാഭവാനി എസ് അങ്ങനെയുള്ള ശക്തി എല്ലാം ഉള്ളവനാണ് നിത്യ നിരദേശ ഗുരുശ്രീ ദേവതാ ഭക്തി നിത്യവും നിരന്തരവും നിരദേശവുമായ ഗുരുദേവത ഗുരുവിനോടും ദേവതയോടും ഭക്തി ഉള്ളവനാണ് ഭക്തരിത സകല വർണ്ണ ആശ്രമ ആചാര ഒരു മാറ്റവും കൂടാതെ എല്ലാ വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയെല്ലാം ആചരിക്കുന്നവനാണ് Ourself, earth, ourself, our God God .その ോ ഭയവിഹ്വൻ ധർമ്മത്തിന് എന്തെങ്കിലും ലോകം വരുമോ എന്നുള്ള ഭയം കൊണ്ടു കുറയ്ക്കുന്നവനാണ് ധർമ്മത്തിൽ ഒരിക്കലും പറഞ്ഞ ആശ്രമധർമ്മങ്ങൾക്ക് ഒരിക്കലും ഒരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കാത്തവനാണ് ആത്മാനം ഈശ്വരഞ്ച അത്യന്തായ ആ സ്ഥിതി ബ്രാഹ്മിണി സംശയദേവ ദേഹാദരിക്കും മായ ആത്മാവിനെയും ഈശ്വരനെയും അത്യന്തായ നാസ്തി പൂർണ്ണമായും ഇല്ല എന്ന് ഭ്രമിക്കുന്നവനോ സംസരിക്കുന്നവനോ ആണോ അല്ല അങ്ങനെയൊന്നുള്ള ആളൊക്കെ അർജുനൻ അപ്പൊ അർജുനൻ ഇത്രയൊക്കെ യോഗ്യതയുള്ള ആളാണ് ഇവിടെ അർജുനന്റെ യോഗ്യതയെ കുറിച്ച് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് പിന്നെ സത്പ്രകാര വിശേഷ അനഭജ്ഞതയായവഹിതം എന്നാൽ ജീവന്റെ ഈശ്വരന്റെയൊക്കെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇഷ്ടാദ്കൾ വർണ്ണിക്കുന്ന തരത്തിൽ എന്താണ് ഈശ്വരൻ ശരീരമാണ് ജീവൻ ശരീരമാണ് ഇതൊക്കെയാണ് പ്രകാര വിശേഷം ഇതൊന്നും അർജുന അറിയത്തില്ല അതുകൊണ്ടാണ് അർജുനന്റെ ശോകവും ഭയവും എല്ലാം ഇവിടെ ഉണ്ടായത് അതായത് ശരിയായ ആത്മ ഞാൻ അർജുനില്ല അറിഞ്ഞിട്ടും അറിയേണ്ട രീതിയിലറിയില്ല അറിയേണ്ട രീതിയിലല്ല എന്ത് വേണം ഇവിടെ വെറു പറയുന്ന രീതിയിൽ അറിയില്ല വെറു പറയുന്ന വെച്ചാൽ വിശിഷ്ടാജീവികൾ പറയുന്ന രീതിയിലറിയില്ല അങ്ങനെ അറിഞ്ഞാലും ശരിയായോ അങ്ങനെ അറിഞ്ഞിട്ടില്ല ശങ്കരാചാര്യ പറഞ്ഞ രീതിയിൽ അറിഞ്ഞാലും പോരാ അതാണ് പ്രകാര വിശേഷുന്ന അതാണ് ഇവിടെ പറയുന്ന രീതിയിലറിഞ്ഞിട്ടില്ല അതുകൊണ്ടെന്നാ പറയുന്നു തത് ഈശ്വരൻ നിത്യദാം സിദ്ധാന്യതോ മന്യതേ അതുകൊണ്ട് ഈശ്വരനെയും ഈശ്വരന്റെ നിത്യത്വയും സർവേശ്വരത്വവും ഇതെല്ലാം എന്താണ് സാമാന്യമായി അറിയും അതെല്ലാം അറിയുന്നു അറിയാതിരിക്കയല്ല ലോകദൃഷ്ടിയ ജന്മവിനാശാദി ദർശന എന്താണ് ലോക ദൃഷ്ടി അനുസരിച്ച് എന്താണ് ജന്മവിനാശങ്ങളെല്ലാം കാണുന്നുണ്ട് സാമാന്യമായി അറിയുന്നുള്ളൂ വിശേഷമായി അറിയുന്നില്ല എന്താണ് ഭഗവാൻ തന്നെ ജനിച്ചതായി അറിയുന്നു ജീവന്മാരും ജനിക്കുന്നതായി അറിയുന്നു സത്യാസ്തികാര വിശേഷാന് തോന്നാതീതി എന്ന പ്രയത്യസ ആസ്തില്ലാം പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണോ എന്നൊന്നു ശേഷിക്കുന്നില്ല ബോധശൂന്യനാണോ എന്തെല്ലാം പറയുമ്പോൾ അവിടെ എന്താണോ സാമാന്യമായൊരർത്ഥം മനസ്സിലാക്കുന്നുണ്ട് വിശേഷിച്ചതി മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ വൈകുണ്ടത്തിൽ പോകുന്നു ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ ശുദ്ധിയർത്ഥത്തെ അപാകമായി സാമാന്യമായി ജീവപ്രകാര വിശേഷാൻ തത്വതോ എന്ന ഞാനാണ് ജീവപ്രകാര വിശേഷം ജീവന്റെ വിശേഷ ഗുണങ്ങളും വ്യക്തമായി അറിയുന്നില്ല ദോഷം അതുകൊണ്ട് അർജുനൻ ഒട്ടും അറിവില്ലാത്തവനല്ല സാമാന്യമായല്ലാം അറിയുന്നവനാണ് എന്നാ പൂർണ്ണമായി അറിയുന്നവനുമല്ല ഇതാണ് അർജുനന്റെ അവസ്ഥ എന്നോട് പറയുന്നത് അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചല്ലോ എന്താണോ പരമാത്മാവിന് എങ്ങനെന്ത്സംശയനാണ് ജീവാത്മാവിനകം സംശയിക്കുന്നവനോ ചോദ്യം ചോദിച്ചല്ലോ അങ്ങനെ ഒരു ദോഷമായിട്ട് കുറിച്ച് അങ്ങനെന്താ അർജുനും പരമാത്മാവിനെ അറിയുന്നുണ്ട് കൃഷിമാരിൽ ബലതരുന്നറിയുന്നുണ്ട് പക്ഷെ ഇവിടെ അറിയാത്തതെന്താണോ പ്രകാര വിശേഷം ഈ ശാസ്ത്രത്തിൽ അത് വർണ്ണിക്കുന്നത് പോലെ ഇനി വർണ്ണിക്കും ആ രീതി അറിയില്ല എന്നാലും ഇങ്ങനെ അറിയുമോ എന്ന് പറയുന്നിടത്തോളം അടുത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഇവിടെ വിശ്വരൂപദർശനെ കുറിച്ച് പറയും സഫേരിമത്വാസം യുക്തം അജാനത നിന്നെ അറിയാതെ ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിന്നെ ഞാൻ അറിയുന്നില്ല ഈ രീതിയിൽ നിന്നെ അറിയുന്നില്ല എന്നും പറയുന്നുണ്ട് അർജുനൻ തന്നെ ഈശ്വരൂപദർശനം കണ്ടപ്പോ ഈ രീതിയിൽ നിന്നെ അറിയുന്നില്ല എന്ന് എൻ്റെ അടുത്തോട് എന്നാ തീരെ അറിയാതെ ഇല്ല അറിയുന്നുണ്ട് അർജുനറിയാം ശ്രീകൃഷ്ണൻ ഒരു സാധാരണ ആളല്ല അതൊക്കെ അർജുനറിയാൻ പലർക്കും കേട്ടിട്ടുണ്ട് അതാണ് അവിടെ പറഞ്ഞു ആ സഹദേവൻ പക്ഷെ അർജുനൻ സ്വയം തന്നെ പറയുന്നു ഇങ്ങനെ ഒരു ശക്തി വിശേഷക്കൂടാണ എന്ന് എനിക്കറിയാം അങ്ങനെ പറയുന്നത് അപ്പൊ അർജുനൻ ആരാണെന്നുള്ളത് ഇവിടെ വിശദീകരിച്ച അർജുനന്റെ ദുഃഖകാരണം ഈ ആത്മാവിന്റെ വിശേഷത്തിലെല്ലാം അറിയാത്തതുകൊണ്ടെന്നാണ് എല്ലാവരും പറയും എല്ലാവരൊക്കെയും ശങ്കരാചാര്യവും അത് തന്നെ പറയും രാമാനുരാചാര്യം അത് തന്നെ പറയും പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൽ പറയുന്ന അങ്ങനല്ലേ ബന്ധുക്കളെ കൊല്ലുന്നതിന് അതുകൊണ്ട് വരുന്ന ദോഷങ്ങളെയും ആലോചിച്ചിട്ടാണ് അർജുനം ദുഃഖിക്കുന്നത് ഇവരും എല്ലാം വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് ആ ദുഃഖമെല്ലാം മാറും ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖമെല്ലാം മാറും ആ ദുഃഖം മാറുമ്പോൾ പിന്നെ ബന്ധുക്കളെ കൊല്ലുന്നോണ്ട് ദുഃഖിക്കത്തില്ല അങ്ങനെയാണ് വിവിധ വ്യാഖ്യാനങ്ങളൊക്കെ സർവേശ്വര ആത്മനാ പരസ്പര ഭേദ പാരമാർത്ഥികൾ ഇനി തന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് പറയാം ഇവിടെയാണ് മറ്റ് വ്യാഖ്യാനങ്ങളെല്ലാം നിഷേധിക്കുന്നത് അപ്പൊ ഇവിടെ ഈ പദ്യത്തിൽ ം ഭയം ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഈശ്വരൻ നിന്ന് ജീവന്മാർ വേറെയാണ് ജീവന്മാര് പരസ്പരം ഭിന്നമാണെന്നുള്ളത് ആ പദ്യത്തിൽ നിന്ന് തന്നെ അല്ല ഭഗവത് സർവേശ്വര ആത്മനാണ് ഈശ്വരൻ നിന്ന് ജീവന്മാരെല്ലാം വേറെയാണ് പരസ്പരം ജീവന്മാരിൽ പരസ്പരവും ഭേദ ഭേദമുണ്ട് അല്ലാതെ അദ്വൈതമല്ല അത് പാരമാർത്ഥികമാണ് ഔപാധികമല്ല അത് എന്താണ് വ്യാഖ്യാനത്തിൽ പറയും വ്യാഖ്യാനം ഉണ്ട് അവിടെയും ഔപാധിക ഭേദമാണ് പറയും ശങ്കരാചാര്യയുടെ വ്യാഖ്യാനം ഉണ്ട് അതിനും ഔപാധിക ഭേദം ഭേദമാണ് പറയുന്നത് അങ്ങനെ ജീവനും ഈശ്വരന്മാരും ജീവനും ഈശ്വരന്റെ ജീവന്മാരുടെ ജീവന്മാരെ പരസ്പരവും ഭിന്നം തന്നെയാണ് പാരമാർത്ഥികമാണ് അദ്ദേഹം വേണ്ടി ഭഗവതായവ ഉത്തം അത് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് എന്റെ പ്രതീയതയെ എന്നു വ്യക്തമാണ് പദ്യത്തിലാണ് എന്തുകൊണ്ട് അജ്ഞാനമോഹിതം പ്രതി തന്നുവർത്തേ പാരമാർത്ഥികത്വം ഉപദേശിച്ച സമയെ അഹം തും മോഹിതനം ബുദ്ധി നശിച്ചവനാണ് അർജുനൻ ആർജുനോടാണ് ഉപദേശിക്കുന്നത് എന്തിനാ തന്നു പറത്തവേ ആ അജ്ഞാനമോഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഉപദേശിക്കുന്നത് പാരമാർത്ഥിക വ്യക്തിത്വം ഉപദേശിച്ചു അവിടെ വരുന്നു പാരമാർത്ഥികം പാരമാർത്ഥിക നിത്യത്വം അത് ഉപദേശിക്കുകയാണ് ജീവന്റെ നേത്യത്വം ഈശ്വരന്റെ നിത്യത്വം അതിന ഉദ്ദേശിക്കുന്ന സമയത്ത് അഹം ത്വം ഞാൻ നീ ഇമേ ഇവർ സർവേ സർവരും അയം നമ്മൾ ഇത് ഉപദേശം അങ്ങനെ പറയുന്നത് എന്താണ് അതെല്ലാം ഭേദത്തെ കാണിക്കുന്ന പദങ്ങളാണ് അഹം ത്വമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ നീ വേറെ ഗീതയിൽ വ്യക്തമായി നേരിട്ട് തന്നെ ഭേദത്തെയാണ് പറയുന്നത് അദ്വൈതത്തെ അല്ല അങ്ങനെ ഇതെല്ലാം ഈ പദ്യത്തിൽ തരുന്ന വാക്കുകളാണല്ലോ അപ്പൊന്നെങ്ങനെയാണ് എല്ലാം അദ്വൈതമാണെന്ന് പറയുന്നു അങ്ങനെ പറയാൻ ഇനി ഔപാധികത്മഭേദവാദി ആത്മഭേദിക സംബന്ധിച്ചു ഇനി വസ്ത്രാചാര്യം വിശുദ്ധരാചാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ് ഉപാധി കൊണ്ട് ഭേദവും അന്ധക്കെ ഉപാധി കൊണ്ട് അല്ലെങ്കിൽ ശരീരമാകുന്ന ഉപാധി കൊണ്ട് അവരെല്ലാം ഭിന്നുങ്ങളാണെന്നാണ് ഉപാധികം ഉപാധി കൊണ്ട് ആത്മഭേദം വരുന്നു എന്നാണ് അപ്പൊ ഇതിനെ രാമാചാര്യെന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിയാവും എന്തുകൊണ്ടും ഇപ്പഴും വലിയൊരു അബദ്ധമാണ് എന്തുകൊണ്ടും ആത്മഭേദാത്മകത്വേദ ഉപാധികൾ കൊണ്ടാണ് ഈ ഭേദമെങ്കിൽ ജീവൈശ്വര ഭേദമുണ്ട് ആ ഭേദം സത്യമെങ്കിൽ അസത്യമല്ല ഉപാധികൾ കൊണ്ടാണ് ഭേദമെങ്കിൽ ഭേദം സത്യമെങ്കിൽ അസത്യമാണ് ആത്മഭേദ ആ താത്വികത്വം എന്നത് പരമാർത്ഥമാണ് അസത്യമാണ് തത്വോപദേശിക്കും അതെ ഇപ്പൊ ഭഗവാൻ എന്താ ചെയ്യുന്നത് തത്വത്തോപദേശിക്കും അർജുനന്റെ മോഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരമാർത്ഥോപദേശിക്കുകയാണ് തത്വത്തെ ഉപദേശിക്കുന്ന സമയത്ത് ഞാൻ നീ ഇവർ അവർ അങ്ങനെ ഭേദത്തെ എങ്ങനെ ഉപദേശിച്ചു ഒരാളോട് നമ്മൾ സത്യം പറയാൻ ഉദ്ദേശിച്ചു നമ്മുടെ ആഗ്രഹം സത്യം പറയണോ അയാളോട് സത്യം പറയാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ സത്യം പറയുമ്പോൾ നമ്മൾ കള്ളം പറയും കള്ളം പറയാൻ പറ്റും നമ്മൾ സത്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സത്യം തന്നെ പറയും ഭഗവാൻ അർജുനന്റെ മുഖത്തെ ശോഭിക്കുന്നതിന് വേണ്ടി എന്താണോ സത്യം പറയും സത്യത്തെ ഉപദേശിച്ചു പക്ഷെ സത്യം എന്താണ് പറയുന്നത് അഭേദമാണ് അഭേദമാണ് സത്യമെങ്കിൽ ഭഗവാനോട് എല്ലാ പറയുന്നത് ഞാൻ നീ യുവൻ ഇവൻ ഇതല്ലേ പറയും ഇത് ഭേദമല്ലേ ഇവങ്ങനെ അസത്യം ഉപദേശിച്ചു എന്ന് പറയുമ്പോ അസത്യത്തെ ഉപദേശിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഉപദേശിക്കുന്നത് നേരിട്ട് അസത്യമാണ് ശങ്കരായിട്ട് എന്താ പറയുന്നത് ഔപാധിക ഭേദം എന്നാണ് ഈ ഭേദം ഉപാധികൾ കൊണ്ടുവരുന്ന ഭേദമാണ് പറയുന്നത് ഉപാധികൾ കൊണ്ടുവരുന്നത് ഭേദ അസത്യമാണ് ഔപാധിക ഭേദം എന്ന് പറഞ്ഞാൽ എന്താണ് അസത്യമാണ് അപാധിക ഭേദം എന്ന് പറയുന്നത് അസത്യമാണ് അപ്പൊ ഭഗവാൻ എന്തു ചെയ്യുന്നു അർജുനന്റെ മോഹത്തെ മാറ്റുന്നതിന് വേണ്ടി അസത്യം ഉപദേശിക്കുന്നു ഇതങ്ങനെ ശെരി മനസ്സിലാകുന്നുണ്ട് ഭഗവാൻ അർജുനോട് ഭേദത്തെ ഉപദേശിക്കുന്നു വെച്ചാ ഈ ഭേദ സത്യമല്ല അസത്യം ആണ് ഔപാധികമാണെന്ന് വെച്ചാൽ അസത്യമാണെന്നാണ് ആര് പറയുന്നത് ഒരുപടിയും കിട്ടുന്നില്ല ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു നിങ്ങൾ അത് കേട്ടിട്ടില്ല ഇത് കേൾക്കുന്നുണ്ട് അതാ ഭഗവാൻ അർജുനെ ഉപദേശിച്ചു ഉപദേശിക്കുന്ന ഭേദമാണ് ഞാൻ ഇനിയും വേറെ വേറെ എന്നാണ് പറയുന്നത് അപ്പം പറയുന്നത് ശങ്കരാചാര്യ പറയുന്നത് അഭേദമാണ് ഇവിടെ ഭേദം എന്നാ ഉപദേശിച്ചു പിന്നെ ഞാൻ ഈ എന്നൊക്കെ പറയുന്നുള്ളോ ഈ പറയുന്നതെല്ലാം ഔപാധിക ഭേദം ഉപാധികൊണ്ടുള്ള ഭേദത്തെ പറയു ഈ ഉപാധി കൊണ്ടുള്ള ഭേദം എന്താണ് അത് അസത്യമാണ് അപ്പം ഭഗവാൻ അർജുനന് അസത്യം ഉപദേശിക്കുന്നു മാർഗങ്ങൾ മനസ്സിലാക്കി ഞാൻ നീ എന്ന് പറയുന്നത് ഭേദത്തെയാണ് ബോധിപ്പിക്കുന്നത് ഭേദത്തെ ആണ് ബോധിപ്പിക്കുന്നത് ഭേദം എന്ന് പറയുന്നത് ഉപാധികൾ കൊണ്ടുള്ള ഭേദമാണ് എന്നാണ് ആര് പറയുന്നത് ശങ്കരാചാര്യ പറയും ഇവിടെ വ്യക്തമായും പറയുന്നു അഹം ഭയം ഇമ്മെ ഭേദത്തെക്കുറിച്ച് പറയുന്നു ഞാൻ നീ വേറെ എന്നാവിടെ പറയുന്നു അപ്പൊ ഈ ഭേദസത്യമാണെന്നാണ് രാമാനുജാചാര്യർ പറയുന്നത് ശങ്കരാചാര്യ പറയുന്നത് ഇത് അസത്യമാണ് ശങ്കരാചാര്യതിനെ എന്തുകൊണ്ട് അസത്യം എന്ന് പറയുന്നു കാരണം ഉപാധികൾ കൊണ്ടാണ് ഭേദം ശരീരം അന്തഃക്കം നിങ്ങൾ ഉപാധികൾ കൊണ്ടാണ് ഈ സത്യമാണ് ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഉപാധി കൊണ്ടുള്ള ഭേദമായിരുന്നു ഇത് അസത്യമാണ് നമ്മൾ അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ രാമാനുജാചാര്യർ പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ഭഗവാൻ അസത്യത്തെ ബോധിപ്പിക്കുന്നുവെന്ന് പറയുന്നു മനസ്സിലായി പരമാർത്ഥത്തെ പരമാർത്ഥം ഭഗവാനന്ത് പരമാർത്ഥത്തെ എവിടെ പറഞ്ഞു ഇന്ന് ഇത് ആദ്യത്തെ പദ്യമാണ് ഇവിടെ മുതലാണ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ പോലാണ് ആദ്യത്ത് അസത്യം എവിടെ അത് അതില്ലോ അത് വരുമ്പോഴല്ലേ ഈ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകില്ല ഇതിന്റെ അർത്ഥം എന്താണോ തീരുമാനിച്ചിട്ടല്ലേ എന്തോട്ട് പോക ആ കാരണം ഭഗവാനെന്നു പറയുന്നത് എന്താണ് അർജുനന്റെ ശോകമോഹങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തത്വത്തെ ഉപദേശിക്കുക തത്വം ഞാനുണ്ടായാലും ഒരു ശോകമോഹങ്ങൾ മാറത്തുള്ളത് തുടക്കത്തിൽ പറഞ്ഞു ഭഗവാനിവിടെ എന്ത് ചെയ്യുന്നു അസത്വ ശോകഭോവങ്ങൾ അസത്യത്തെ ബോധിപ്പിച്ചാൽ മാറും ഈ പദ്യത്തിന്റെ അർത്ഥം പറയണേ ഭാവിയിലെന്താ പറയുന്നുള്ളത് അവിടെ ഇതേ പ്രശ്നം എന്റെ അർത്ഥം വരും ഭാവിയിലെന്ന് പറയുന്ന അവിടെയൊക്കെ ഇതേ പ്രശ്നം വരും അതിന്റെ തുടക്കം മാത്രം അപ്പൊ എന്താ ഒന്നാണ് എന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ശരിയാവും അത് രാമാനു ഈശ്വരൻ പേരെ ജീവൻ പേരെ ജീവന്മാർ പരസ്പരം പേരെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് നേരിട്ടുള്ള അതിന്റെ അർത്ഥം അത് തന്നെയാണ് ഞാൻ നീ എന്നൊക്കെ പറയുന്ന ഭേദമാണ് സംഗ്രഹകൃ ഭാഷയിൽ പറയുന്നത് ശരീരകൃതഭേദമാണ് എന്ന് പറയുന്നത് അല്ലാതെ ആത്മഭേദമല്ല ഈ പറയുന്നത് ശരീരകൃത ഭേദം അങ്ങനെയോട് പറയുന്നത് ഉപാധി കൊണ്ടുള്ള ഭേദമാണ് അതുകൊണ്ടെന്താ ഉപാധികൊണ്ടുള്ള ഭേദമായത് കൊണ്ട് അത് അസത്യമാണ് ഇതാണ് ചങ്കര ഭക്ഷണം അപ്പോ പ്രമായും ചോദിക്കുന്നു ഇവിടെ ഉപദേഹം തുടങ്ങുന്ന സമയത്ത് തന്നെ അർജുനന്റെ ശോകമോഹങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി എന്താ ഭഗവാൻ അസത്യം ബോധിക്കുകയാണ് ഏത് അസത്യം ഭേദമെന്ന് പറയുന്നത് സത്യമാണ് ആ ചങ്കരചാരത്തെ പറ്റി തെറ്റു പറയുക ഭേദസത്യം എന്നുള്ള ഇവിടെ ശരിക്കും എന്താണ് ശ്ലോകത്തിൽ ഭേദമുണ്ട് ശ്ലോകത്തില് അദ്ദേഹം പറയുന്നു ഞാൻ നീ എന്ന് പറഞ്ഞ ഭേദമാണ് ഏ ആ ഭേദത്തെ ആ ഭേദം അസത്യം എന്ന് പറഞ്ഞു ഞാൻ ഭഗവാനെന്ത് ചെയ്യുന്നു ശോകമോഹങ്ങൾ മാറാൻ അർജുനനെ അസത്യം ബോധിപ്പിക്കുന്നു ഏ അല്ല അസത്യൊന്നും തെളിയില്ലേ അസത്യൊന്നും തെളിയിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഭഗവാന ഭഗവാൻ ഇവിടെ ഭേദത്തെയാണ് പറയുന്നത് പിന്നെ അതങ്ങനെ അസത്യമാവും അസത്യം ഒന്ന് വ്യാഖ്യാനിച്ചതാണ് ഇത് ശരീരഭേദത്തെയാണ് പറയുന്നത് ആർത്തം ഭേദമല്ല അസത്യം അല്ല അഭേദമോട് പറയുന്നതിൽ തർത്ഥമില്ല ഭേദം അസത്യമാവും ഇവിടെ ഭേദം പറയുമ്പോൾ ഭേദം അങ്ങനെ അസത്യമാവും ഏ അത് വിശിഷ്ടാദ്തത്തിന്റെ പ്രശ്നത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകും അത് വേറെ കാര്യം അതിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വിശിഷ്ടാദ്വീതം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്നുള്ളത് അത് ഇനി വരുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കും അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കില്ല ഇവിടെ ശങ്കരാചാര്യരുടെ പ്രശ്നം മനസ്സിലാക്കി രാമാനുജാചാര്യ സിദ്ധാന്തം എങ്ങനെയാണെന്നുള്ളതാണല്ലോ ഇന്ന് വിശദീകരിക്കുന്നു അത് വരട്ടെ അതവിടെ വിശദീകരിക്കും അതൊക്കെ വിശദീകരിക്കാൻ ഭാഷകാരനറിയാൻ പറ്റും ഈ ഒന്നാമത്തെ ശ്ലോകമാണ് ഉപദേശിക്കുന്നത് തത്വ ഉപദേശത്തിൽ ഒന്നാമത്തെ ശ്ലോകമായിട്ടാണ് ഇതിനുള്ളത് രാമാനുജാ ആ തുടക്കത്തിൽ തന്നെ ശോകമോഹങ്ങളെ മാറ്റാൻ പാവം അർജുനന് അസത്യോപദേശിക്കുന്നു എന്നു വരും ചങ്കരാ വ്യാഖ്യാനത്തിൽ ഏ അല്ല ഇത് തീരുമാനിച്ചിട്ടില്ല അടുത്ത് പോവാൻ ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോയിട്ടുള്ള കാര്യം അടുത്ത് വരട്ടെ ഓരോടത്തും ഈ പ്രശ്നമുണ്ട് ഇവിടെ മാത്രമല്ല ഈ പ്രശ്നം ഇവിടെ മാത്രം ഇവിടെ അല്ല അടുത്തതിൽ വരുമ്പോ അവിടെ നോക്കണം അതിൻ്റെ അടുത്ത് വരുമ്പോ അവിടെ നോക്കണം എല്ലായിടത്തും ഈ പ്രശ്നമാണെങ്കിൽ ഇവിടെ പോലെ തുടങ്ങും അതെ എവിടെ വെച്ച് കാണാം ഇപ്പൊ ഇവിടെ തീരണ്ട പ്രശ്നം ഇത് വരുന്ന ഉപദേശം അവിടെ വെച്ച് കാണാം ഉണ്ടാവാൻ തുടക്കം തന്നെ ചങ്കരൊക്കെ തെറ്റി എന്താണോ അസത്യം ഉപദേശിക്കുന്നു എന്ന് വരും അത് അവിടെ പറയുന്നു ഇനി ഇവിടെ ശരിയൊക്കെ തദശ കി ഭൂഷിത ഇവിടെ ഭാസ്കരാചാര്യന്റെ ഭക്ഷണത്തിൽ വരുന്നുണ്ട് ഔപാധിക ഭേദ തിരസ്തീകരിക്കും അതിനെ നിഷേധിച്ചതോടുകൂടി എന്റെ ഒരു ശങ്കരപക്ഷവും ശങ്കരപക്ഷവും തിരസ്കരിച്ച് അപ്പോ ഭഗവാന് ഭഗവാൻ അർജുനന്റെ ശ്ലോകമോഹങ്ങളെ മാറ്റാൻ വേണ്ടി ഉപദേശിക്കുമ്പോൾ ഭഗവാൻ സത്യം ഉപദേശിച്ചു അസത്യവും ഉപദേശിക്കാൻ പാടില്ല ഇനി വരുന്ന ഓരോ ശ്ലോകങ്ങളിലും ഈ ഇനി എവിടെ വന്നു പറയുന്നു അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇനി എന്താണ് വേറൊരു പക്ഷം ഉണ്ടെന്നാണ് അസത്യേ പത്മനിസ്ഥിത്വസ്ഥ സമീപത്തെ അദ്വൈതയുണ്ട് അസത്യത്തിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് സത്യത്തെ വെളിപ്പെടുത്തും ഗീത ആദ്യം പോലെ അവസാനം വരെ ശങ്കരാചെ അസത്യമാണ് പറയുന്നത് ഇനി സത്യം ഇവിടെ വര അദ്വൈതമെന്ന് പറയുന്ന അസത്യമാണ് ഇനി സത്യം പറയണമെങ്കിൽ എന്ത് ചെയ്യണം കുറെ മുമ്പോട്ട് എന്നതിനുശേഷം സമ്മതിക്കണം അദ്വൈതം തെറ്റാണ് ഭേദമാണ് സത്യം എന്ന് പറഞ്ഞാൽ ശരി അവസാനം ചെന്നാന്ന് പറഞ്ഞാൽ മതി ഇതുവരെ ഉള്ള അദ്വൈതം തെറ്റാണ് ഭേദമാണ് സത്യം എന്ന് പറഞ്ഞാൽ ശരി അസത്യത്തിൽ നിന്ന് പിന്നെ സത്യത്തിൽ എത്തിച്ചേര്ന്നു ഇതങ്ങനെയല്ല ആദ്യ എന്തോ അസത്യത്തിൽ തന്നെ പോവുകയാണ് അതുകൊണ്ട് ഗീത മതപ്രഭാഷം നടത്തുന്നവരും ഇനി ദേവിയൊരു അദ്വൈതം പറയില്ല തുടക്കം പോരാ പറയുന്നത് അദ്വൈതമാണ് ഞാൻ വേറെ നീ പേര് ഇവരെല്ലാം വേറെ വേറെ ഇവിടെ പോലെ അദ്വൈതവും പറയില്ല പിന്നെ അങ്ങനെ ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും ആ ഭേ സത്യം എന്താ അസത്യം പറയുകയാണ് എന്നാണ് ശങ്കരാചാര്യ വാ പറയുന്നത് അതിനും വലിയ അബദ്ധം അതുകൊണ്ട് ഭഗവാൻ സത്യം പറയുന്നതാണ് ഭഗവാന്റെ താല്പര്യം കൊണ്ടാണ് അർജുനന്റെ മോഹൻ അതിനുവേണ്ടി ഭഗവാൻ അസത്യം പറയുന്നു ഭഗവാൻ തന്നെ അസത്യം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം അത് ഭഗവാൻ ഇവിടെ പറയുന്നത് തുടക്കത്തിൽ പറയുന്നതാണ് സത്യം അവസാനം വരെ ഈ സത്യം തന്നെ പറയും എന്താണ് ജീവഭേദമുണ്ട് അതൊക്കെ ഇനി വരും അങ്ങോട്ടൊക്കെ ഇനി ബന്ധത്ത് വരും അവിടെ തന്നെ അത്തരം ചർച്ചകളൊക്കെ മുമ്പോട്ട് വരും എല്ലാം ഇപ്പൊ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥമുണ്ട് കൂടുതൽ സിദ്ധാന്ത നിലത്തിൽ നിന്നും പോകണ്ട അദ്വൈതികൾ എങ്ങനെയാണ് അവിടെ ഇന്നും പോകണ്ട ശ്ലോകം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചതാണോ ശരി അതേ രാമാനുജാ ശങ്കരാചാര്യ അതിന്റെ ഭാഷത്തിന്റെ അവസാനം ഇവിടെ ഭേദമാണ് പറഞ്ഞിരിക്കുന്നത് അഗ്നീകരിച്ചു പക്ഷേ ആത്മഭേദത്തെ അല്ല ശരീരഭേദത്തെ ആത്മാവിന് ഭേദമില്ല പിന്നെ ശരീരഭേദം കൊണ്ട് ഭേദത്തെ പറഞ്ഞു അപ്പൊ ശരീരഭേദം കൊണ്ട് ഭേദത്തെ പറഞ്ഞാൽ അത് സത്യമാണോ അസത്യമാണോ ശങ്കരായ പോലെ അത് അസത്യമാണ് ശരി അപ്പൊ ഭഗവാനോട് ഉപദേശിക്കുന്നത് എന്താണ് അസത്യമാണ് എന്തിന് അറിഞ്ഞത് ശോകം മാറാൻ അസത്യത്തോടെ കൊണ്ട് ശോകം മാറും ഇത്രയുള്ള കുറച്ച് ഇത്ര കൂടെ ചർച്ച ചെയ്തു പിന്നെ ഭാവിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യും ഏതൊക്കെ ശ്രദ്ധിക്കർ അതൊക്കെ ഇത്ര ഈ പറഞ്ഞത് മനസ്സിലാക്കുന്ന ഇത് മനസ്സിലാക്കാൻ പോട്ടു പോകും സംഗതായത് പറഞ്ഞ അബദ്ധമാണെന്ന് മനസ്സിലായു രാമാനുചാചാര്യർ പറഞ്ഞ ശനിയാണെന്ന് മനസ്സിലായു ഇത്രയോ ഔപാധിക ആത്മഭേദവാദ ആത്മഭേദം ഉപാധികൊണ്ടാണ് ശരീരഭേദം കൊണ്ടാണ് ആത്മഭേദം അല്ലാതെ ആത്മ ഭേദമില്ല ശരീരം കൊണ്ടുവരുന്ന ആത്മഭേദം അസത്യമാണ് ഇതാണ് ഔപാധിക ആത്മഭേദവ് ആത്മഭേദാത്മകത്വം അങ്ങനെ വരുമ്പോൾ എന്താണ് ശരീരഭേദം കൊണ്ട് ആത്മഭേദമാണ് ആത്മഭേദം അസത്യമാണ് തത്വ ഉപദേശിച്ച സമയം ഇപ്പോൾ എന്താണോ അർജുനന്റെ മോഹത്തെ മാറ്റണം അങ്ങനെ അർജുനന് സത്യം പറഞ്ഞുകൊണ്ട് കേൾക്കും ഒരു എന്താണോ ശിഷ്യന്റെ മോഹം മാറ്റുന്നതിനാ തത്വ ഉപദേശിക്കേണ്ട സമയത്ത് അസത്യം പറയത്തില്ല തത്വം തന്നെ പറയും തത്വോപദേശിച്ച വിഭേദം നിർദ്ദേശം ഭേദം നിർദ്ദേശം എന്നെ സംബന്ധിച്ച് യോജിക്കില്ല കാരണം ഒന്നുകൊണ്ട് അത് ഇത്രയും മനസ്സിലായോന്ന രാമാനുചാരി ഇത്രയും മനസ്സിലായിരുന്നെങ്കിലും രാമാനുജാൻ ശരി ശങ്കര തെറ്റിത്രയും മനസ്സിലായാലും ബാക്കിയെല്ലാം അവിടെ ഇത്രയും മനസ്സിലായു പിന്നെ ശിവതിയുടെ കാര്യം പറഞ്ഞല്ലോ അത് പറയുന്നു ഭഗവത് ഗുക്താത്മഭേദ സ്വാഭാവിക ശരിതാണ് ഭഗവാൻ പറഞ്ഞ ഈ ആത്മഭേദം ഇവിടെ സ്വാഭാവികമാണ് എന്നിട്ട് അത് യഥാർത്ഥമാണ് ഇക്കാര്യ ശ്രുതിയും പറയുന്നു നിത്യോ നിത്യാനാം ചേതനാനം ഏകോ ബഹുനാം യോ വിധാമാണ് ഇത് ശേതാശുതരത്തിനും വരുന്നുള്ളൂ കഠോപൻഷത്തിനും വരുന്നുള്ളൂ നിത്യോ നിത്യാനാം നിത്യാനാം ബഹൂനാം അടുത്ത അർത്ഥം പറയുന്നുണ്ട് നിത്യാനാം ബഹൂനാം നിത്യേന സിദ്ധാതി അപ്പം നിത്യന്മാരാണ് ബഹു പലതാണ് അങ്ങനെയുള്ള ചേതനന്മാർ തന്നെ ജീവന്മാർ അവർക്ക് ഏക ഏകനായ നിത്യനീശ്വരൻ ചേതനഹാരനായിരിക്കും ഐശ്വര്യം എന്തെയ്യുന്നു കാമാനുദ്ധാവി അവർക്ക് അവരുടെ കാമനകളെയെല്ലാം സാധിച്ചു കൊടുക്കുന്നു അവർടെ ഇഷ്ടങ്ങളെയെല്ലാം ഭഗവാൻ വീതിച്ചു കൊടുക്കുന്നു അപ്പം ഇവിടെ വ്യക്തമായും പറഞ്ഞിരിക്കുന്ന ഏകനാണ് നിത്യനാണ് ചേതനാണ് ജീവന്മാരാണ് ആണെങ്കിലും നിത്യന്മാരാണ് ബഹു പലതാണ് ചേതനം എന്താണ് ഇവിടെ ശ്രുതിയും ഗീതയും ഒരേ കാര്യം പറയും ഇവിടെ ലേഖനത്തിൽ പറയും ആരോ ഇദ്ദേഹം വേദാന്ത പറയും ഇവിടെ ശ്രുതിയുടെ ഒന്നും ആവശ്യമേ ഇല്ല എന്തുകൊണ്ട് ഈ ശ്രുതി എന്ന് പറയുന്നത് എന്താണ് ശ്രുതി എന്താണ് ഈശ്വരപ്രോക്തരൻ പറഞ്ഞു അദ്വൈതമോ അത് സ്വീകരിക്കും ഗീത എന്ന് പറയുന്നതോ അപ്പൊ പിന്നെ ശ്രുതിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഗീത ഉപനിഷത്വം പറയുന്നത് ഈശ്വരൻ പറഞ്ഞ ആത്മവിദ്യ അതുകൊണ്ടാണ് ഉപനിഷത്ത് വേദവും ഈശ്വരൻ പറഞ്ഞ ആണ് ഈ പറയുന്ന ഘടകത്തോ ഉപനിഷത്തോന്നു ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോ ഈശ്വരൻ തന്നെയാണ് വേദം പറഞ്ഞിരിക്കുന്നത് ഗീത ഉപദേശിച്ചത് ഈശ്വരനാണ് രണ്ടുമൊക്കെ ഉപനിഷത്താണ് അപ്പോ ഗീത പറഞ്ഞ ശരിയാണെന്ന് പറയാൻ വേണ്ടി അവിടെ വേദത്തെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു മാന്യതയുടെ പേര് എന്ത് ചെയ്തു ഇവിടെ വേദത്തെ കൊണ്ടുവന്നു എന്നുള്ളതേയുള്ളൂ എന്റെ ആവശ്യമേ ഗീത തന്നെ പൂർണ്ണമാണ് പിന്നെ അന്നത്തെ ഒരു സമ്പ്രദായമനുസരിച്ച് അതുകൂടെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് ഉപനിഷത്ത് പോലെയെന്ന് അർത്ഥം പറയും അങ്ങനെ പറയണ്ട ഒരു കാരണം ഉപനിഷത്ത് എന്ന് പറയുന്നത് ഒരു ഭഗവാൻ പറഞ്ഞു ഗീതി അതേ ഭഗവാൻ നിത്യോ നിത്യാനാണ് അർത്ഥമി പറയുന്നു നിത്യനുമായ അനേക ജീവന്മാർക്ക് ഈശ്വരൻ അവരുടെ ഇഷ്ടങ്ങളെല്ലാം കൊടുക്കുന്നതാണ് അവിടെ നിത്യോ നിത്യാനാംഗങ്ങളിൽ അദ്വൈതികൾ അതിനെടുക്കുന്നത് നിത്യവും അനിത്യാനാണ് അതിൽ ശ്വേതാശ്വതവും കട്ടുഭവിച്ചു ക്ഷേതാശ്വതത്തിന്റെ ശാങ്കരഭാഷയില്ല അങ്ങനെ ഈശ്ശവനിഷത്തുകളിൽ ശേതാശ്വതങ്ങളിൽ ഐശ്വേദ പ്രശ്നം ഉള്ള മാണ്പൂക്യ കൈത്തരീയം ഐത്തരേയും സാന്തൃം പ്രേതാർക്കും അവിടെ ക്ഷേതാശ്വരത്തെ സ്ത്രീ അതുകൊണ്ട് പിന്നെ അതെങ്ങനെ വേഖാനിച്ചു നോക്കേണ്ട കാര്യം പക്ഷെ അഗ്രീലുകൾ നിത്യവും അനിത്യമാണോ എന്നാണ് നടക്കുന്നത് സംഗ്രഹത്തിൽ അങ്ങനെ കാരണം അവിടെ സന്ധ്യ കഴിഞ്ഞാൽ അവരവഗ്രഹം വരാം അവഗ്രഹം എന്ന് അവിടെ ഒരു അകാരം കൂടി ചേർക്കാം ചേർത്ത് അത അവഗ്രഹമെന്ന് പറയും അകാരം ചെയ് ചേർത്തില്ലെങ്കിൽ നിത്യവും നിത്യാണ് എന്ന് അകാരം വന്നു കഴിഞ്ഞാൽ കൂടെ ഇതൊക്കെ വരും അതാണ് അവർക്ക് വ്യത്യാസം വരും വേദ പാഠപ്പെട്ട് ഇപ്പൊ പഠിക്കുമ്പോൾ അവഗ്രഹമായിട്ട് പഠിക്കും ചെല്ലു പഠിക്കുമ്പോൾ അവഗ്രഹം അല്ലാന്ന് വെച്ചാൽ അപകാരം അവിടെ ഉള്ളതായി അതാണ് വ്യത്യാസം അർത്ഥത്തിന് വ്യത്യാസം രാമാനുജാ പറയുമ്പോൾ നിത്യവും വ്യത്യാനമാണ് സങ്കരായും മറ്റും അപ്പോ എന്താണോ ഭേദമാണ് ഈശ്വരന്റെ ജീവിതം ഒരിക്കലും ഒന്നും ഈ പദ്ധതി പറയുന്നു ഇത് രണ്ടാം പേര വേറെ സങ്കരായും തെറ്റായി വിധിച്ച് േദദൃഷ്ടിവാമപരുഷന് പരമാർഷകൂടസ്വൃഷ്ടൈതന്യാത്മയാഥാർത്ഥ്യ സാക്ഷാത്കാരാ പ്രവൃത്ത അജ്ഞാനഭേദദർശനം തൂലോപദേശാവശന സത്ഥന്തി ഭേദം അജ്ഞാനകൃതമാണെന്ന് പറയും പറഞ്ഞത് അദ്വൈതികൾ എന്ത് പറയും അല്ലെങ്കിൽ ഞാൻ നീന്തം പറഞ്ഞിരിക്കുന്നത് ഭേദം തന്നെയാണ് പക്ഷേ അത് അജ്ഞാനകൃതമായ ഭേദമാണ് ഭേദം സത്യം എന്താ പറയും അജ്ഞാനം കൊണ്ട് ഭേദബുദ്ധിയുണ്ടാകും നമ്മൾക്ക് എപ്പോഴും മനം മതപ്രഭാഷ പറയുന്നു അജ്ഞാനം കൊണ്ട് എന്താ എന്തുണ്ടാവുന്നു വേദദൃഷ്ട ഉണ്ടാകണം അങ്ങനെ പറയും അതങ്ങനെ ശരിയാവും കാരണം ഭഗവാൻ എന്താണ് ഭഗവാൻ സത്യത്തെ അറിയുന്നവനാണോ അത് ഭഗവാൻ അജ്ഞാനിയാണ് എന്ത് പറയും ഭഗവാൻ പരമാത്മാ അറിയുന്ന ആളാണോ അത് അജ്ഞാനിയാണ് ആരാണ് പരമാർത്ഥത്തെ അറിയുന്ന നമ്മൾ സംശയിച്ചു അപ്പൊ പരമാർത്ഥത്തെ അറിയുന്ന ഭഗവാൻ അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ഭേദങ്ങളെ ആശ്രയിച്ച് തത്വോപദേശം ചെയ്യുന്നു അങ്ങനെ പറയാം അങ്ങനെ പറയാൻ പറ്റും കാരണം ഭഗവാന് എന്താണ് തത്വത്തെ തത്വത്തെറിയുന്ന ഭഗവാൻ അജ്ഞാനം കൊണ്ട് ഉണ്ടായ ഭേദദൃഷ്ടിയെ ആശ്രയിച്ചിട്ട് തത്വത്തെ ഉപദേശിച്ചു ഇതെങ്ങനെ പറയുന്നു ഭഗവാനും അജ്ഞാനിയാക്കി സങ്കര സങ്കര ഭാഷ വഴി ഭഗവാനെ അജ്ഞാനിയാക്കി കാരണം കൂടെ എന്തെങ്കിലും ഒരു അജ്ഞാനകൃതമായ ഭേദത്വ ഉപദേശിക്കുന്നു ഭഗവാന്റെ അവിടെ അജ്ഞാന അജ്ഞാനാകൃതമായ ഭേദദർശൻ എവിടെയാർക്ക് എപ്പോ എന്തായി പറയുന്നു എന്തായി അദ്വൈതമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഭഗവാൻ അജ്ഞാനിയല്ല ഭഗവാൻ എല്ലാം അറിയുന്നതാണ് ഭേദസത്യമാണെങ്കിലും ഭേദ സത്യത്തിനാണ് ഭഗവാൻ ഉപദേശിച്ചത് ഒരു ദോഷമില്ല ഞാൻ വേറെ നീ വേറെ എന്നറിഞ്ഞു എന്നോട് പറയും ഇവിടെ ദോഷം അതുകൊണ്ട് അജ്ഞാനകൃതമായ അണുഭേദ ദർശനം അത് ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ട് ഭഗവാൻ അജ്ഞാനിയണി പറയാൻ എന്താണ് ഭഗവാന് അജ്ഞാനിയേണ്ട അർജുനൻ അജ്ഞാനിയാണ് എന്ന് പറഞ്ഞ അർജുന അജ്ഞാനിയാണ് ഭഗവാൻ അജ്ഞാനത്തിൽ പ്രദേശം അജ്ഞാനം കൊണ്ട് വേഗം കഴിച്ചു പ്രദേശം പിന്നെ നമ്മൾ അമ്മയെന്ന് പറയുന്ന അനുസരിച്ച് അർജുനനും ഭഗവാനും വളരെ വേഗമില്ലല്ലോ ഒന്നാണ് പത്തമാണ് പിന്നെ ഭഗവാന് അതൊക്കെ രണ്ടും ഒന്നല്ല എന്തൊക്കെ ഈ അതേ പറയും ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ അബദ്ധമാണെന്നുള്ള കാര്യം ഉണ്ടല്ലോ ഞാൻ ചെന്യടുത്തും ഒരു ഉത്തരവ് കിട്ടുന്നു എന്ത് പറയുന്നു നോക്കെ രാമാനുചാചാര്യോട് പറഞ്ഞു എന്തെന്ന് മനസ്സിലാക്കിയ പിന്നെ അങ്ങനെ അദ്വൈതത്തിന്റെ വോട്ടത്ത് പോകുന്നു ഹമാനുചാര്യ പറയുന്ന ശരിയണം നോക്കിയാണ് എത്ര പറയാനുള്ളത് അജ്ഞാനമെന്ന് ഭേദദൃഷ്ടി അജ്ഞാനവൃദ്ധമാണ് ഭേദദൃഷ്ടി അജ്ഞാനം കൊണ്ടാണ് നിരന്തരം പറയുന്നവർ ഞാനെന്നും നീയെന്നൊക്കെ തോന്നുന്നു അജ്ഞാനം കൊണ്ടാണ് അല്ല ചോദിക്കുന്നത് ഞാനും നീയും വേറെ വേറെ അറിഞ്ഞ എന്താ ദോഷമുണ്ട അത് പറയും ഇതുകൊണ്ടൊക്കെ ആ ദോഷം സംഭവിക്കുന്നു ഞാൻ വേറെ നീ വേറെ നിറയുന്നതെന്താ ദോഷം ഏ അതൊന്ന് പറഞ്ഞെന്നാണ് നമ്മുടെ അനുഭവം എല്ലാം എങ്ങനെയാണ് ഞാൻ വേറെയാണ് നീ വേറെ ഇതുകൊണ്ടെന്താ ദോഷം ഏ അങ്ങനെ അതേ അതെന്താ ദോഷവും അതിന് ദോഷം തോന്നുന്നു ഇത് സത്യമല്ല നമ്മളറിയുന്നത് വേറെ എന്താ സത്യം ആ നമ്മളറിയുന്നു സത്യമാണ് വ്യവഹാര സത്യമാണ് വ്യവഹാരം സത്യമാണ് എന്തെന്ന് പറയുന്നത് വ്യവഹാരവും സത്യമാണ് സത്യമാണ് ഇതിലെന്താ ദോഷം എന്നാ ഞാൻ വേറെ നീ വേറെ എന്നാണ് നമ്മുടെ അനുഭവം നമ്മളങ്ങനെ അറിയും രാമാനുജാത പറയും ഇത് സത്യം ഇത് നിങ്ങളെന്താ ദോഷം കാണും ഇതുകൊണ്ട് എന്താ ദോഷം സംഭവിച്ചത് അത് പറയും ഞാൻ ചോദിക്കുന്ന ഇതാണ് സത്യം ഇതാണ് വ്യോഹാരം ഇതന്നെ സത്യം ഇതെന്താ ദോഷം ഞാനൊന്നും നീയൊന്നും വേറെ കാണുന്നു സാമാന്യ ജനങ്ങളൊന്നും കൂടെ പഠിക്കുന്നില്ല തത്വം നിങ്ങളെ പോലെയുള്ള തത്വചിന്ത ചെയ്യുന്ന പോലെല്ലാം പറയേണ്ട സമാ സാമാന്യ ജനങ്ങൾക്കു പോലും അറിയാം ഇതെന്താ ദോഷം ദോഷം കൊണ്ടും പറയുന്നത് ഒരു ദോഷമില്ല ഞാൻ വേറെ ജീവി അല്ലെങ്കിൽ വരെന്താ ദോഷം ഇതാണ് രാഭാരി കഴിഞ്ഞാൽ പറയും ദോഷം പിന്നെ നിങ്ങൾ വേണമെങ്കിൽ പറയുമായിരിക്കും അദ്ദേഹത്തിന് ഞാനും നീ ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തമ്മിൽ എന്താണ് ഒരു പ്രശ്നമില്ല അങ്ങനെയാണോ ഞാനും നീ ഒന്നറിഞ്ഞാലും അടിയും ഇടിയും വഴക്കും ബഹവും ഭാര്യയും എല്ലാം ഇത് അറിഞ്ഞെന്ന് വിചാരിച്ച് ഇത് അറിഞ്ഞ ആർക്കായിരുന്നു ഇല്ലാത്തത് ഞാനി നീ ഒന്നെന്ന് അറിഞ്ഞുകൊണ്ട് ലോകത്ത് ഒന്നാകും ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ കാരണം ഞാൻ നീ ഒന്ന് അറിഞ്ഞവനും വേറെ ഒന്ന് അറിയുന്നവനുമൊക്കെ വ്യവഹാരത്തിൽ ഒരുപോലെ എന്തെങ്കിലും മാറ്റമുണ്ടാവും ഞാൻ നീ ഒന്നെന്ന് അറിഞ്ഞു കുറെ കാലമായി അറിയുന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായി അതുകൊണ്ട് ഉണ്ടായി അതുകൊണ്ട് മനുഷ്യന്റെ രാഗദ്വേഷങ്ങളോ മതമത്സരങ്ങളോ നാമപ്രോധങ്ങളോ എന്തെങ്കിലും മാറുന്നു ഒന്നും മാറത്തില്ല അപ്പം മാറാത്തതെന്ന് ചോദിച്ചാൽ കൂടി അതൊക്കെ വ്യാവഹാരികമായിട്ടുണ്ടായിരിക്കും പരമാർത്ഥത്തില്ല അപ്പൊ ഈ വ്യവഹാരത്തെ അനുഭവിക്കുന്നത് തന്നെയാണ് പരമാർത്ഥം അത് പരമാർത്ഥം കൊണ്ടാണ് അത് വേദം ഭേദം പരമാർത്ഥമായ കാണുന്നത് ഞാൻ നീ ഒന്നറിഞ്ഞിട്ടും പരസ്പരം മത്സരം മാറുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒന്നും മാറുന്നില്ല ഭേദത്തെ ആശ്രയിച്ചുള്ള ഒരു വ്യവഹാരവും മാറുന്നില്ല നല്ലതും മാറുന്നില്ല ചീത്തയും മാറുന്നു എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യനും ഒരു ഗുണവും ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ പറയും പിന്നെ ഞാൻ വേറെ എല്ലാം വേറെന്നറിഞ്ഞാൽ അതായത് ഗുണവും വരും ദോഷവും വരും രണ്ടും ചിന്ത എന്തായാലും ഒന്നെന്നറിഞ്ഞുകൊണ്ട് ഗുണം ഒന്നും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ പ്രയോജനമില്ലാത്തതെന്ന് ആരും പറയും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് പറയുന്നത് അത് ശങ്കരായ പറഞ്ഞാൽ ആര് പറഞ്ഞാലും ശരി എല്ലാം ഒന്നാണ് അറിഞ്ഞുകൊണ്ട് ഒരു ഗുണവും അങ്ങനെ എല്ല ഒന്നറിയാണ് ആ എല്ലാ ഒന്നാണ് എല്ലാ ഏകമാണ് എന്നറിഞ്ഞിട്ട് അയാളെ സ്വയം വരുന്നോണ്ട് പറയണതോ ഞാൻ ഘടക കൃത്യനായി എന്ന് പറഞ്ഞിട്ടൊന്നും ഇതൊക്കെ ആർക്കും പറഞ്ഞോളൂ ഞാൻ പറയുന്നത് നീ വേറെ ഞാൻ വേറെ അറിഞ്ഞു ഞാൻ ഘടകകൃത്യനായി എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയുന്നു നീ വരെ ഞാൻ വേറെ അറിഞ്ഞു ഞാൻ കൃതകൃത്യനായി എന്താ പറതകൃത്യനായാലും ഞാനും അവകാശപ്പെട്ടു കഴിഞ്ഞു ഇതാര് ഇതൊക്കെ അവകാശപ്പെടാനാണ് ഞാനും നീ വേറെ എന്നറിഞ്ഞാലും ഒരാൾക്ക് പറയാൻ ഞാൻ കൃതകൃത്യനായും ഏ പറ്റാത്ത കൊണ്ടാണ് ഇത് ചോദിക്കുന്നത് ഇതുപോലെ അസത്യം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നോണ്ടാ ചോദിക്കുന്നത് കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നു എന്നാണ് ഭഗവാൻ അങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിച്ചു അർജുന എന്ത് പറഞ്ഞ് സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് ഭഗവാൻ കഴിയുന്നു അസത്യം പോലെ ചെയ്യത്തില്ല ഭഗവാൻ പറഞ്ഞതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് അത് അദ്വീതമാണെന്ന് പറയും അതുകൊണ്ടായിട്ട് പറഞ്ഞു പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഞാൻ നീ വേറെ നൽകുകയായിരുന്നു ഇനിയ സുഖമാണ് പരമാനന്ദമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ പറയുന്ന അജ്ഞാനകൃത ഭേദദൃഷ്ടിവാദി ഭേദദൃഷ്ടി എന്ന് പറഞ്ഞു പരമപുരുഷ പരമാർത്ഥം എന്തായാലും ഈശ്വരൻ ഭഗവാൻ ഉപദേശിക്കുന്ന പരമപുരുഷൻ എന്താണ് പരമാർത്ഥദൃഷ്ടിയാണ് സത്യം പറയുന്ന സത്യം അറിയുന്ന തത്വം തത്വത്തെ അറിഞ്ഞാലാണ് പിന്നെ പരമാർത്ഥദൃഷ്ടിയാണ് നിർവിശേഷ കൂടസ്ഥ നിത്യചൈതന്യ ആത്മയാഥാത്മ്യ സാക്ഷാത്കാര നിർവിശേഷമായ ഗൂഢസ്ഥമായ നിത്യ ചൈതന്യമായ ആത്മയാഥാർത്ഥ്യത്തെ സക്ഷത്കരിച്ചാൽ എന്നിട്ട് തന്റെ തത്വം എന്താണെന്ന് അറിയുന്ന ആളാണ് ഈശ്വരൻ താൻ ആരാണ് താൻ ഈശ്വരനാണെന്നറിയുന്ന ആളാണ് നിവൃത്ത അജ്ഞാനത്വ അവിടെ അജ്ഞാനമോ അജ്ഞാന കാര്യങ്ങളോ ഈ രാഗദ്വേഷരുകാര്യങ്ങളും ഇല്ല ഈശ്വരൻ അജ്ഞാനകൃത ഭേദ ദർശനം ആ ഭഗവാൻ തന്നെ എന്താണോ അജ്ഞാനം കൊണ്ടുള്ള ഭേദദർശനം തന്മൂലപം അതിനെ ആശ്രയിച്ചുള്ള ഉപദേശം ഉപദേശാലയ വിഭാഗം എന്തസങ്കരെന്നും ഭഗവാന് യോജിക്കുന്നതായിരിക്കും അജ്ഞാനകൃതമായ ഭേദ ദർശനത്തെ ആശ്രയിച്ച് ഭഗവാൻ ഉപദേശിച്ചിരുന്നു എന്നും പറയുന്നത് ഭഗവാന് ഒരിക്കലും യോജിക്കുന്നതായിരിക്കും അദ്വൈതീയം കതൊക്കെ പറയാം എന്തുകൊണ്ട് അവരജ്ഞാനി എന്നാണ് അതുകൊണ്ടെന്ന് വരുന്നു അവരജ്ഞാനങ്ങളുടെ അഭ്യാസ ദർശനം കൊണ്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ പറയുന്നു എല്ലാം ഒന്നാണ് ഭഗവാനൊന്നും യോജിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇപ്പൊ പറയും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം അജ്ഞാനി അങ്ങനെ അജ്ഞാനം ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നു ഇപ്പൊ മദ്യവും കുറയും മോശമാണ് എത്രയും കാലങ്ങളിൽ നിലക്കുന്നു വേറെ കാലങ്ങളും നല്ലതായിരുന്നു ഇതും ഏ ആ അവൻ അധ്വാനവും കൊണ്ട് ഉപയോഗമാണ് ചെല്ലട്ടെ വൈറ്റിപ്പഴപ്പ എല്ലാത്തിനും ഉപയോഗമുണ്ട് മദ്യത്തിനും ഉപയോഗമുണ്ട് അപ്പോ ഇത്രയും കാലം കിട്ടുന്നു അതുകൊണ്ട് നല്ലതാണെന്ന് പറയുന്നതിലും അങ്ങനെ മനസ്സിലായി അതിപ്പോ എന്റെ ഉറ്റമാണ് പഠിക്കണ്ടിക്കാനിക്കും പറഞ്ഞിരിക്കുന്നേ എനിക്ക് പറഞ്ഞിട്ടേ വേ ആ സിദ്ധാന്തം നിങ്ങൾക്ക് എന്താ നഷ്ടം വരെ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ സമ്പാദിച്ചവരുടെ കഷ്ടപ്പെട്ടു ഏത് ആരും പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നു ഇതെനിക്ക് എത്രയും കാലങ്ങളുടെ അറിയാമായി എത്രയോ ദ്യം ഗീത പഠിപ്പിക്കുമ്പം തന്നെ ആദ്യം തുടങ്ങുമ്പം തന്നെ നിങ്ങള് നോക്കുക എന്റെ അതായത് രാമായ ആദ്യം മുതൽ അവസാനം വരെ രാമാനുഗായാലും പറഞ്ഞുമ്പോഴും ഞാൻ മാർക്കുകയായിരിക്കും വായിച്ചു അറിയുന്നില്ല എന്ന് നിങ്ങളുടെ തോന്നലിന്ന് ആർക്കും അറിയില്ല അന്നേ അറിയാമായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് പറയാൻ പറ്റും അന്ന് പറഞ്ഞെന്താണ് അദ്വൈതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതാണ് അന്ന് പറഞ്ഞത് ഇന്നിപ്പോ പറയുന്നത് എന്താണോ ഇഷ്ടാദ്വീതം എന്താണെന്ന് മനസ്സിലാകും നിങ്ങളാണെങ്കിൽ വേറെന്തോക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ മുമ്പെന്തോ ആയാലും ഇപ്പൊ എന്തോ നഷ്ടപ്പെടുന്നു എന്നൊക്കെ വിചാരിക്കും അതിപ്പോ പിന്നെ നിങ്ങൾ ഇത്രയും കാലം മതപ്രഭാഷണം നടത്തി അദ്വൈതം പറഞ്ഞു ഇപ്പൊ ഗീത് കേട്ടുക എന്താണ് എന്തോ അബദ്ധമുണ്ടോ പറഞ്ഞാൽ നീക്കു പറഞ്ഞു അദ്വൈതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അദ്വൈതം ഞാന് ഗീത പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഗീത എന്ന് പറയുന്നത് സംഗ്രഹയുടെ ഭാഷയാണ് അദ്വൈതമാണ് അപ്പൊ അദ്വൈതത്തെ എന്താണ് പരമാവധി അദ്വൈതത്തെ മനസ്സിലാക്കി തരപ്പെത് വ്യാഖ്യാനിച്ചത് ഇവിടെ ഇപ്പൊ എന്താണത് പരമാവധി വിശിഷ്ടാദ്വൈതത്തെ മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇത് വ്യഖ്യാനിക്കേണ്ടത് കുറേ രണ്ടും നിങ്ങൾ മനസ്സിലാക്കും രണ്ടും കൊറേങ്കിലും മനസ്സിലാക്കിയാണെന്ന് അദ്ദേഹം പറയാൻ ഇത് എന്താണ് നമ്മള് എപ്പോഴും നമ്മൾ മനസ്സിലാകും ഇത് രാഷ്ട്രീയമല്ല നമുക്ക് എന്താണ് കോൺഗ്രസ് ആവാനും ബി ജെ പി ആവാനും ഒക്കെ അവിടെയുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും ഒരു പക്ഷത്തേ നമ്മുടെ അതെന്താ എന്താണ് ദർശനമാണ് വരുമ്പുകൊണ്ട് സർവദർശന സംഘം ഒരാൾ തന്നെ ആര് സർവദർശന സംഘം വിദ്യാഭ്യാസം ഓരോ ദർശനവും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ചാർവാക ദർശനമാണ് ചാർവാക ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ അത് ശരിയെന്നാ പറയും രാമാനുജനെക്കുറിച്ച് ഓരോ ബാധി ശരിയോ മധനെ കുറിച്ച് ഓരോ ബാധി ശരിയാണ് ഓരോ ദർശനവും ശരിയാണ് പിന്നെ ഓരോന്നിനെയും കണ്ടിക്കുകയും ചെയ്യും അത് ഓരോരുത്തരുടെ വേണം ദർശനങ്ങളെല്ലാം നിങ്ങളേതെങ്കിലും ഒരു പൊട്ടപ്രസവം വായിച്ച് വിരാകം പരമാർത്ഥം മുമ്പ് മതപ്രഭാഷണം നടത്തുന്നത് എന്റെ ദോഷവും അത് നമ്മളെപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കും ഒരു കാര്യം എന്താണ് നമ്മളീ ആൾക്കാരുടെ പോയി പ്രസംഗിക്കുന്ന മുഴുവൻ നമ്മുടെ അറിവില്ലായതിനാണ് അറിവില്ല ആ ബോധം പറയുമ്പോൾ എപ്പോഴും നമുക്ക് വേണം ആ ധൈര്യം ഉണ്ടായതിനാൽ നമുക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്താണ് പറയുന്ന നമ്മുടെ അറിവില്ലായതിനാണ ശരിയായ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം കിട്ടത്തുള്ളൂ പറയാം ആദ്യകാലത്ത് ഞാനിത് പഠിക്കുന്ന സമയത്ത് ഒരു സ്വാമി എന്നോട് പറഞ്ഞിരുന്നു സ്വാമി ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ ക്ലാസ് എടുക്കുന്നതെന്ന് ഞാനിത് കൂടി പറയുക അബദ്ധമാണ് എന്റെ അമ്മത്തെ അറിയിച്ചു തന്നെ ഞാൻ മനസ്സിലാക്കി സ്വാമിക്ക് എങ്ങനെ കഴിയുമെന്ന് പറയും നമ്മുടെ മുൻപിക്കുന്ന മുഴുവൻ ബിഡികളാണ് നമ്മൾ വിചാരിച്ചു എന്നിട്ട് നമ്മുടെ വായ്പ പറയും ഒരുത്തനും അനുകൂലിച്ചിട്ട് പറയും സ്വാമിയാണ് പറയുന്നത് നമ്മൾ അറിയില്ല വളരെ കുറവാണ് നമ്മളിൽ എപ്പോഴും ധരിച്ചിരിക്കണം നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മളെ കൊണ്ടിരിക്കുക അറിവല്ല ആ ബോധം ഉണ്ടായിരുന്ന പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് മാധവാചാര്യ പറഞ്ഞ എന്തെന്ന് പറയാം െന്തോ നഷ്ടം വന്നെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ലല്ലോ രണ്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും എന്താ കൊണ്ട് ഇവിടെ വരുമ്പോ ഞാൻ രണ്ട് കൈ കൊടുത്തി രാമാനുജാചാര്യത്തെപ്പോ അത് ഞാൻ നിങ്ങളെ അദ്വൈതം പഠിപ്പിക്കുമ്പോൾ അത് അത് നിങ്ങൾ പഠിക്കുന്നു രാമാനുചാരി കുറിച്ച് പറയുമ്പോൾ അത് പഠിക്കുന്നു പിന്നെ അവിടെ നിങ്ങൾ ചോദിക്കുക എന്താണോ അവിടെയായതുകൊണ്ട് രാമാനുചാര്യത ഭണ്ണിച്ചതാണ് അത് രാമാനുജാ നേരിട്ട് അവിടെ കളിക്കാൻ പറ്റില്ല കാരണം ആദ്യം ഭാഷ വഴിയവരാണ് ശങ്കര പിന്നെയാണ് രാമാനുചാരി എന്നാൽ ഞാൻ പറയുന്നിടത്ത് പലയിടത്തും എന്താണ് കൃഷ്ണ അദ്വൈതത്തെ ഭണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത മനസ്സിലാക്കി ഇരുപത്തി നേരെ നിങ്ങൾക്ക് അദ്ദേഹത്തിലേക്ക് പോകണം പോണമെന്നുണ്ടെങ്കിൽ കാര്യം എന്താണ് നേരത്തെ ഈ പദ്ധതി നമ്മൾ അദ്ദേഹത്തിലേക്ക് വടങ്ങി പോവാം അതൊക്കെ സമാനമാണ് ആ അതാ മാക്സിമം ഞാനും അതാ ചെയ്യുന്നു ഇപ്പൊ മാക്സിമം രാമായു ആചാര്യം കൊക്കയാണ് അതിനിടവും എന്റെ അഭിപ്രായം അതിനെനിക്ക് എന്താ ചെയ്യേണ്ടത് എവിടെ അഭിപ്രായക്ക് സങ്കരചാര്യ പറഞ്ഞപ്പോ സങ്കരായ കൊക്കിയെന്നാ പറയുന്നത് സംബന്ധിച്ചു ഇവിടെ വന്നു പിന്നെ രാമായു രാജാര് പൊക്കണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് അദ്വൈത ശരീരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവിടെ കുറച്ചെന്ന് അത് നിങ്ങളുടെ ഒരു ഭ്രമമാണ് എന്താണോ എന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ അദ്വൈതികളാണോ ഇല്ലേ ആ ശരി എന്നാ കുഴപ്പമില്ല മനസ്സിലാക്ക തീർച്ചയായിട്ടും ചോദിക്കുന്നു അതിന്റെ ഞാൻ ക്ലാസ്സിന്നെ മറുപടി പറയും ഇവിടെ തന്നെ ചോദിക്കുന്നു ഇവിടെ തന്നെ മറുപടി പറയും ചോദ്യം തെറ്റെന്ന് ഞാൻ പറയും എന്റെ ഉത്തരം പെട്ടെന്ന് തുടങ്ങി എന്നു പറയാം പക്ഷെ ചോദ്യം തന്നെ ഞാൻ പറയാം ഇപ്പൊ തുടങ്ങിയപ്പോ തന്നെ തവണ ഇമ്പോട്ട് പോകുമ്പോൾ എന്തായാലും ശങ്കരായം തുടങ്ങിട്ടില്ല അപ്പൊ പിന്നെ എന്താവുന്നതാണ് ഞാൻ അത് റേ ആദ്യത്തെ പറ്റിയ